മുവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫിലിസ്തീരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടുവിട്ടു യബൻ ഏശറിനരികെ പാളയമിറങ്ങിറങ്ങി ഫിലിസ്തീർ അഫേക്കിലും പാളയമിറങ്ങി ഫിലിസ്തീർ ഇസ്രയേലിന്റെ നേരെ അണിനിരന്നിരുന്നു പട ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റുപോയി സൈന്യത്തിൽ ഏകദേശം നാലായിരം പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു പടജനം പാളയത്തിൽ വന്നാറേ ഇസ്രയേൽ മൂപ്പന്മാർ ഇന്ന് യഹോവൻ നമ്മെ ഫിലിസ്തീനോട് തോൽക്കുമാറാക്കിയത് എന്ത് നാം ഷീലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ജനം ഷീലോവിലേക്ക് ആളയച്ചു അവർ കെരൂബുകളുടെ മധ്യ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ ഈ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നുവന്നു ഏലിയുടെ രണ്ടു പുത്രന്മാരായ ഹോഫിനിയും ഫിനെഹാസും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോടു കൂടെ ഉണ്ടായിരുന്നു യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിൽ എത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രയേലെല്ലാം ഉച്ചർപ്പിട്ടു ഫെലിസ്റ്റർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് യബ്രായറുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണമെന്ത് എന്ന് അന്വേഷിച്ചു യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫിലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു നമുക്ക് അയ്യോ കഷ്ടം ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല നമുക്ക് അയ്യോ കഷ്ടം ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും മിശ്രയിന്യരെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ ധൈര്യം പൂണ്ട് പുരുഷത്വം കാണിപ്പീവി എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നതുപോലെ നിങ്ങൾ അവർക്ക് അകരുത് പുരുഷത്വം കാണിച്ച് പൊരുതീ എന്ന് പറഞ്ഞു അങ്ങനെ ഫെലിസ്റ്റീർ പട തുടങ്ങിയപ്പോൾ തോറ്റു ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് ഓടി ഇസ്രയേലിൽ മുപ്പതിനായിരം കാലാൾ വീണു ഒരു മഹാസംഹാരം ഉണ്ടായി ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു ഏലിയുടെ രണ്ടു പുത്രന്മാരായ ഹോഫിനിയും ഫിനഹാസും പട്ടുപോയി പോർക്കളത്തിൽ നിന്ന് ഒരു ബെന്യാമീന് വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും ഓടി അന്നു ഷിലോവിൽ വന്നു അവൻ വരുമ്പോൾ ഏലി നോക്കിക്കൊണ്ട് വഴിയരികെ തന്റെ ആസനത്തിൽ ഇരിക്കെയായിരുന്നു ദൈവത്തിന്റെ പെട്ടകത്തെക്കുറിച്ച് അവന്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു ആ മനുഷ്യൻ പട്ടണത്തിലെത്തി വസ്തുത പറഞ്ഞപ്പോൾ പട്ടണത്തിലെല്ലാം നിലവിളിയായി ഏലി നിലവിളി കേട്ടപ്പോൾ ഈ ആരവം എന്ത് ചോദിച്ചു ആ മനുഷ്യൻ ബദ്ധപ്പെട്ടുവന്നെന്ന് ഏലിയോടും അറിയിച്ചു ും കാൺമാൻ വഹിയാതവണ് കണ്ണ് മങ്ങിയവനും ആയിരുന്നു ആ മനുഷ്യൻ ഏലിയോട് ഞാൻ പോർക്കളത്തിൽ നിന്ന് വന്നവനാകുന്നു ഇന്ന് ഞാൻ പോർക്കളത്തിൽ നിന്ന് ഓടിപ്പോന്നു എന്ന് പറഞ്ഞു വർത്തമാനം എന്താകുന്നു മകനെ എന്നവൻ ചോദിച്ചു അതിന് ആ ദൂതൻ ഇസ്രയേൽ ഫിലിസ്തീരുടെ മുമ്പിൽ തോറ്റോടി ജനത്തിൽ ഒരു മഹാസംഹാരം ഉണ്ടായി നിന്റെ രണ്ടു പുത്രന്മാരായ ഹോഫിനിയും ഫിനെഹാസും പട്ടുപോയി ദൈവത്തിന്റെ പെട്ടകവും പിടിപെട്ടുപോയി എന്ന് പറഞ്ഞു അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതുക്കൽ ആസനത്തിൽ നിന്ന് പിറകോട്ടു വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു അവൻ വൃദ്ധനും സ്ഥൂലിച്ചവനും ആയിരുന്നു അവൻ നാൽപ്പത് സംവത്സരം ഇസ്രയേലിന് ന്യായപാലനം ചെയ്തു എന്നാൽ അവന്റെ മരുമകൾ ഫിനഹാസിന്റെ ഭാര്യ പ്രസവമെടുത്ത ഗർഭിണിയായിരുന്നു ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടുപോയതും അമ്മാവിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവവേദന തുടങ്ങി അവൾ നിലത്തു വീണ് പ്രസവിച്ചു അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട് ഭയപ്പെടേണ്ട നീയൊരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല ശ്രദ്ധിച്ചതുമില്ല ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകൊണ്ടും അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രയേലിൽ നിന്ന് പൊയ്്പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖബോധ എന്ന് പേറിട്ടു ദൈവത്തിന്റെ പെട്ടകൾ പിടിപെട്ടു പോകൊണ്ട് മഹത്വം ഇസ്രയേലിൽ നിന്നാണ് പൊയ് പോയി എന്നാണ് അവൾ പറഞ്ഞത്